ചിതാത്മഗോചരം അഹങ്കാരം സദനേ പ്രേഞ്ജാന ലൗകിതരീരാദ്യത്മനഃ പ്രാദേശികമഭസമണികേദ യുക്തം ഉപ്പശ്യാമു ചുരുക്കത്തിൽ എന്താണ് ഇതുവരെ എല്ലാ പൂർവർഷങ്ങളെയും ഖണ്ഡിച്ചു ചുരുക്കത്തിൽ എന്താണ് ഇത് അധ്യാസമാണ് പണ്ഡിത പാമര സാമാസാധാരണമായി എല്ലാവരിലും ഇരിക്കുന്ന അഹോന്ന് പറയുന്ന അനുഭവം അത് അധ്യാസമാണ് പൂർവോക്ഷി പറഞ്ഞതുപോലെ ദൂണമോ അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല അങ്ങനെ തത് പരിശേഷ്യ തത്പാരിശേഷ ചുരുക്കത്തിൽ നിന്ന് മനസ്സിലാക്കാം ശരിക്കും പരിശേഷിയ ന്യായം വേറെയുണ്ട് പ്രസക്തസ്യ പ്രതിഷേധത്തിൽ അന്യത്ര പ്രസത്ത ശിഷ്യമാണ് സമ്പ്രത്യഹ പരിശേഷ ഇന്ന് ന്യായസൂത്രത്തി അത് അതിന്റെ സന്ദർഭം വരുമ്പം മനസ്സിലാക്കാം ഇവിടെ ചുരുക്കത്തിൽ മനസ്സിലാക്കിയാണ് അതിന് പ്രത്യേകം നിർവചനമൊക്കെയാണ് കരിശേഷം എന്ന് പറയുന്നത് ന്യായമാണ് അതനുസരിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി ബാക്കി പറയാമെന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു ചിതാത്മഗോചരം അഹങ്കാരം അഹമിഹം അസ്മി സദ്യ പ്രയുജനഹ ൗകിക അഹങ്കാരം പ്രയിഞ്ചാനൗക അഹങ്കാരത്തെ പ്രയോഗിക്കുന്ന ലൗകികൻ സാധാരണ മനുഷ്യൻ പ്രതിപത്താരഹ എന്ന് നേരത്തെ പറഞ്ഞു പ്രതിപത്ത എങ്ങനെ പ്രയോഗിക്കുന്നു അഹമിഹിനെ അഹം ഇഹ സദനേവസ്മി എന്ന് പ്രയോഗിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അഹം ഒന്ന് പ്രയോഗിക്കുന്നു ഞാൻ ഇവിടെ വീട്ടിൽ ഇരിക്കുന്നു എന്താണ് ചിതാത്മഗോചരം ചിതാത്മാവിനെ വിഷയമാക്കുന്നതാണ് ചിതാത്മാവിനെ ആശ്രയിക്കുന്നതാണ് അഹം പ്രയോഗം അതാണ് ചിതാത്മഗോചരം ചിതാത്മാവിനെ വിഷയമാക്കുന്ന അഹം ഇഹ അസ്മി സദനെ ഞാൻ ലായി വീട്ടിലിരിക്കുന്നു എന്ന് അഹങ്കാരം പ്രയോജ്യമാണ് അഹം ശബ്ദത്തെ പ്രയോഗിക്കുന്ന അഹങ്കാരം ചനുഭവമെന്നു പറയാം പക്ഷെ ഇവിടെ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ അഹം ശബ്ദം അങ്ങനെ പ്രയോഗിക്കുന്ന ലൗകികനുസാധാരണ മനുഷ്യൻ ശരീരാദി അഭേദഗ്രഹ ശരീര ഇന്ദ്രിയ മനസ്സ് സ്ഥൂലത്വ സ്ത്വാദി ശരീരധർമ്മങ്ങളോടെല്ലാം അഭേദജ്ഞാനമുള്ളതോ അയാൾക്ക് ശരീരാധികളോടുള്ള അഭേദ ശരീരാതി അഭേദഗ്രഹം എന്ന് വെച്ചറിഞ്ഞാൽ അഭേദജ്ഞാനം കൊണ്ട് എന്നിട്ട് ശരീരാദികളുടെ പ്രാധാന്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരാദികളിലുള്ള ആത്മ അഭ്യാസങ്ങൾ ശരീരാദികളിലുള്ള ശരീരാദികളോട് ആത്മാവിന്റെ അധ്യാസം സംഭവിച്ചതുകൊണ്ട് ആത്മന പ്രാദേശികത്വം അഭിമന്യതെ ആത്മാവിന്റെ പ്രാദേശികത്വത്തെ അയാൾ അഭിമാനിക്കുന്നു നിശ്ചയിക്കുന്നു എങ്ങനെ ഞാൻ വീട്ടിയിരിക്കുന്നു അപ്പൊ ഞാനെന്ന് പറയുന്ന ഈ അഹംശബ്ദത്തെ പ്രയോഗിക്കുന്ന ഒരാൾ അങ്ങനെ പറയുന്ന ഒരാള് ശരിക്കും അയാളെന്താണ് ഞാൻ വീട്ടില്ലെന്ന് പറയുമ്പോൾ തന്റെ പ്രാദേശികത്വത്തെ മിതനാണ് ഒരു വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നവനാണെന്ന് അയാൾ എന്ത് ചെയ്യുന്നു അധ്യസിക്കേണ്ടി ശരി അങ്ങനെ അയാൾ അനുഭവിക്കുകയാണ് അനുഭവിക്കുന്നതിന് കാരണം എന്താണ് ആത്മാവ് ശരീരവും തമ്മിലുള്ള താതാത്മ്യം അതായത് അധ്യാസം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് പറഞ്ഞ ഒന്നുമല്ല പറഞ്ഞ എല്ലാത്തി നിഷേധിക്കുകയാണ് അവിടെ ആത്മാനാ വിവജ്ഞാനമൊന്നും ഇല്ല ലൗകികൻ എന്ന് പറഞ്ഞു പണ്ഡിതന്മാർക്കാണെങ്കിൽ ആത്മാനാത്മവേദമുണ്ടെന്ന് പറയാൻ ലൗകികത ഒന്നുമില്ലല്ലോ പക്ഷെ അവനും പറയുന്നു എന്താണ് ഞാൻ വീട്ടിയിരിക്കുന്നു അപ്പൊ ഈ ഞാൻ ആരാണ് ഞാനെന്ന് പറയുന്ന അഹംബോധത്തിന്റെ ആശ്രയം ആത്മാവ് തന്നെയാണ് ആത്മാവ് അങ്ങനെ വീട്ടിയിരിക്കുന്നത് അവന് പറയുന്നു അഹംശബ്ദത്തിന്റെ ആശ്രയം ആത്മാവാണെങ്കിലും ഇവിടെ എന്താ സംഭവിക്കുന്ന ആത്മാവും ശരീരവും തമ്മില് താതം നിന്ന് അപ്പോ ആത്മ താതാമ്യം വന്ന ശരീരത്തിലാണ് അഹം ശബ്ദം പ്രയോഗിച്ചത് അതുകൊണ്ട് വീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മ താതാത്മ്യം ശരീരം വീട്ടിയിരിക്കുന്നു എന്ന് പറയാം ശരീര താതാമ്യം ആത്മാവ് വീട്ടിയിരിക്കുന്നു എന്ന് പറയാം അപ്പോൾ താതാമ്യത്തെ അംഗീകരിക്കും ആ താതാത്മ്യം എന്താണ് അതുതന്നെയാണ് അഹം ആത്മാവും ശരീരവും തമ്മിലൊരു താതാത്മ്യം വന്നാൽ ആ അനുഭവപ്പെടുന്ന ഇങ്ങനെ അഹം അപ്പൊ ശരീരം വളരെ പരിച്ഛനമാണത് പറയാം ഞാൻ വീട്ടിൽ ഇരിക്കുന്നു ഞാനെന്റെ ആത്മാവാണെങ്കിലും വീട്ടിൽ ഇരിക്കുന്നു പറയാൻ പറ്റും അധ്യാസം സംഭവിച്ചോളൂ അതാണ് ശരീരാദ്യ അഭേദഗ്രഹ ശരീരാദികളോട് ശരീരേന്ദ്രിയ മനസ്സ് ഒന്ന് കേടുക്ക ആദ്യമുണ്ട് അഭേദം ഞാനുള്ളത് ആത്മാനഹ ആത്മാവിന്റെ നിർമിട്ടൻ്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ എടുത്ത പ്രാദേശികത്വഭിമന്യത പ്രാദേശികത്വത്തെ അയാൾ അറിയുന്നു അറിഞ്ഞിട്ട് പറയും അവിടെ പറയുന്ന കാര്യമാണ് പറഞ്ഞത് എങ്ങനെ അഹംഖ്യ അസ്മി സദന അതിനൊരുദാഹരണം പറയും വിഭുവായിരിക്കുന്ന ആത്മാവാണ് ശരീര താധാന്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വീട്ടിൽ ഇരിക്കുന്നു നഭസൈവടികുപാധ്യവച്ഛേദീ നഭസൈവ ആകാശത്തെ പോലെ നഭസഹടികാതിപാദ്യേദെങ്ങനെയാണ് ഘടം പുടം മണികളുടെ വലിയ പാത്രം പുടത്തേക്കാൾ വലിയ പാത്രം മല്ലികന്ന് പറഞ്ഞാൽ അതിലും വലിയ പാത്രം പഴയതടുത്ത മൺപാത്രങ്ങൾ ഇങ്ങനെയൊക്കെ പേരിട്ടാ വിളിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നു ഇപ്പൊ കടം മണിക മല്ലിക തുടങ്ങിയ പാത്രങ്ങൾ വ്യത്യസ്ത അളവിനെ കാണിക്കാനാണ് കൊടുക്കുന്നത് സൈസ് വേറെ ഇതെല്ലാം എന്താണ് നബസഹ ആകാശത്തിന്റെ ഉപാധിയാണ് െന്ന് പറഞ്ഞാ എന്താണ് ഇതിൽ ആകാശം വിഭുവാണ് അപ്പോൾ അത് ഘടത്തിലുണ്ട് മണികയിലുണ്ട് മല്ലികയിലുണ്ട് അത് നമ്മളെന്തു പറയും വിഭുവായ ആകാശത്തിന് പറയും ഘടാകാശം മഹാകാശം മല്ലിക ആകാശവും അപ്പൊ ആകാശത്തെ ഘടാകാശം മണികാകാശം മല്ലികാകാശം എന്ന് പറയുന്നതിന് ഈ പാത്രങ്ങൾ കാരണമാണ് അതുകൊണ്ടാണ് ഇതിനെ ഉപാധി പറയുന്നത് ഈ പാത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് പാത്രത്തിന്റെ അകത്തുള്ള ആകാശത്തെ എന്തുപറയുന്നത് ഘടാകാശം മണികാകാശം മല്ലികാകാശം എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയാം ഇതിനകത്തുള്ള ആകാശം പക്ഷെ ആകാശത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ആകാശം ദീപാണ് സർവവ്യാപിയാണ് അതിന് ആകാശത്തിന് കുടത്തിന്റെ അകത്ത് കയറിയിരിക്കാൻ പറ്റില്ല ദീപായത് പക്ഷേ കുടത്തിന്റെ അകത്തിരിക്കുന്നതായിട്ട് നമ്മൾ പറയും അങ്ങനെ നമ്മൾ പറയുന്ന അറിയുകയും പറയുകയും ചെയ്യും അറിയുന്നു അതുകൊണ്ടാണ് പറയുന്നത് പറയുന്നെന്ന് പറഞ്ഞാൽ അറിയുന്നു അതിന് കാരണം എന്താണ് ഈ പാത്രങ്ങൾ അതുകൊണ്ട് പാത്രങ്ങളെ ഉപാധി ഉപാധി എന്ന് പറഞ്ഞാൽ എന്താണ് വിഭുവായിരിക്കുന്ന ഒന്നിനെ പരിച്ഛിന്നമാക്കും എന്നുവെച്ചാൽ വാസ്തവത്തിൽ അവിടെ പരിച്ഛിന്നും വാസ്തവത്തിലവടെ പരിമിതപ്പെടുത്തുന്നില്ല അതുകൊണ്ടാണ് ഉപാധി എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ പരിമിതപ്പെടുത്തേണ്ടല്ല ആകാശത്തിന്റെ വിഭുത്വത്തെ ഈ പാത്രങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയപ്പെട്ട അത് വിഭുവായി തന്നെ പക്ഷേ അത് അപച്ഛേദമാണ് അവച്ഛേദം എന്ന് പറഞ്ഞാൽ എന്താണ് അതിരം നടത്തണം അതിര് ആകാശത്തിന് ഈ ഉപാധികൾ ഒരതിരുന്നെ ഉണ്ടാക്കുന്നു ഉപാധി അവച്ഛേദമാണ് അല്ലെങ്കിൽ ഒരു പരിമിതിയെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ആകാശത്തിന് പരിമിതപ്പെടുത്തുന്ന അതിരുകളാണിതൊക്കെ ഏത് ഘടം മണികം മല്ലികം അതുകൊണ്ടാണ് അങ്ങനെ ഉപാധിയാകുന്ന അതിര് നബസഹടമണിക മല്ലികാദ്വ അതി അവേദാദ്വ അവച്ഛേദം കൊണ്ട് എന്തുവരുന്നു പ്രാദേശികത്വം പൂർവ്വത്തോട് അന്വേഷിക്കും അവിടെയും പ്രാദേശികത്വം അഭിമന്യെ അറിയുന്നു പ്രാദേശികത്വം നമ്മൾ പറയുന്നു ആകാശം കുടത്തിന്റെ ഉള്ളിൽ എന്ന് പറയുന്നു ആകാശം കുടത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഉള്ളിലൊണ്ട് പുറത്തുകൊണ്ട് കടത്തിന്റെ എന്താണ് ഉപാധിക്കുള്ളിലുണ്ട് ഉപാധിക്കുള്ള കടമെന്ന് പറയുന്നത് കനം കുറഞ്ഞ മണ്ണാണ് ആ ഓട് ആ ഓടിന്റെ ഉള്ളിൽ വന്നുണ്ട് ആകാശം ആ ഓടിന്റെ അകത്തുണ്ട് ഓടിന്റെ പുറത്തുണ്ട് ഓടിന്റെ ഉള്ളിലും ഉണ്ട് ആകാശം പക്ഷെ എന്നാലും എന്താണ് പ്രാദേശികത്വം അഭിമന്യേ ആകാശത്തെ സംബന്ധിച്ച് ഈ പാത്രത്തിന്റെ ഉള്ളിലാണിരിക്കുന്നത് നമ്മൾ ധരിക്കുന്നു അങ്ങനെ കരുതുന്നു അങ്ങനെ നമുക്കൊരു അനുഭവം ഉണ്ടാകും ഉപ്പശ്യാമഹ ഈ കാര്യം യുക്തിയുക്തമായി ഇനി വിശദീകരിക്കുന്നു ഉത്പശ്യാമ വർത്തമാന സാമീപ്യ വർത്തമാനോത്വ ഇനി പറയാൻ പോകുന്ന കാര്യമാണ് കൂടെ ലട്ടില് പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന അങ്ങനെ ഞാൻ യുക്തിയുക്തം ഈ കാര്യം തെളിയിക്കും അപ്പം അങ്ങനെ തെളിയിക്കും എന്ന് പറയുമ്പോൾ അത് ഒരു പ്രത്യേക അർത്ഥമാണ് കാരണം വിഭുവായ ആകാശം പോലെയാണ് ബ്രഹ്മം അതിൽ കൊടം മണിക മല്ലിക പോലെയാണ് ഓരോ ജീവന്മാരുടെയും ഉപാധികൾ നേരത്തെ പറഞ്ഞു എന്ന് പറയുന്നത് ശരീരം മനസ്സേന്ദ്രിയങ്ങൾ ശരീരധർമ്മ എന്ന ഉപാധികളാണ് അപ്പം ഈ ഉപാധികൾ ഈ വിഘുവായിരിക്കുന്ന ആകാശത്തെ എങ്ങനെയാണോ പരിമിതപ്പെടുത്തുന്നത് അതിനെ അവച്ഛിന്നമാക്കുന്നത് പ്രസവത്തിലല്ല നമുക്ക് ഞാൻ തോന്നുകയാണ് വടം മണിക മല്ലികേഖ എന്ത് ചെയ്തു ആകാശത്തെ അവച്ഛിന്നമാക്കി അതിനെ അവച്ഛേദകമായിട്ടെടുത്ത് അതെല്ലാം എന്ത് ചെയ്യും ഇതിനവച്ഛിന്നമാക്കുന്നില്ല പരിമിതപ്പെടുത്തും ഒരതിരിന്റെ ഉള്ളിലാക്കും എന്ന് നമുക്ക് തോന്നുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ല ആകാശത്തിന് അങ്ങനെ പരിമിതപ്പെടുത്താവുന്ന അതുപോലെ ഈ ശരീരം പോലെയുള്ള ഉപാധികളുണ്ട് ചെയ്യുന്നു ആത്മാവിനെ അവച്ഛിന്നമാക്കുന്നു ഇതെല്ലാം എന്ത് ചെയ്യുന്നു അവച്ഛേദങ്ങളാകുന്നു ഈ ഉപാധികളുണ്ട് ഏത് ശരീരാദികളും ഇപ്പൊ ശരീരാദി അവച്ഛേദങ്ങൾ കൊണ്ട് ആത്മാവിനെ അവച്ഛിന്നമാക്കുന്നു ശരീരാദികൾ അവച്ഛേദകങ്ങളായി ആത്മാവ് അവിന്നമായി അവിന്നമായിരിക്കുന്ന ആത്മാവിന്റെ അവച്ഛേദമായി അതിരായി ഉണ്ട് ശരീരം ഒന്നും വാസ്തവത്തിലല്ല ഇതൊക്കെ ഒരു അഭിമാനം മാത്രം ഒരു അനുഭവം എന്നിട്ടൊരു തോന്നലാണ് പരിമിതപ്പെടുത്താൻ ശരീരത്തിന് കഴിയില്ല പക്ഷെ അങ്ങനെ ഒരു പറയാൻ പറ്റും ഞാൻ വീട്ടിലിരിക്കുന്നു എന്ന് പറയാൻ പറ്റും ഞാൻ ആത്മാവാണെങ്കിൽ അതിന് വീട്ടിലിരിക്കാൻ കഴിയില്ല അത് എല്ലായിടത്തും ഒരേ സമയം അപ്പോ ഇവിടെ ഈ പറയുന്നത് എന്താണ് ശരീരാതി ഉപാധി അവച്ഛേദങ്ങളിലൂടെ ആത്മാവ് ഘടാകാശവും മഠാകാശവും പോലെ എന്ന് പറഞ്ഞാൽ ഈ ഘടാകാശവും മഠാകാശമായിരിക്കുന്നതിനാണ് ജീവൻ എന്ന് പറയുന്നത് ാണ് ജീവൻ ഇപ്പോൾ ഘടത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആകാശം ഏതിന്റെ സ്ഥാനത്തായി ജീവന്റെ സ്ഥാനത്തായി എന്നാ ഘടത്തിന്റെ ഉള്ളിലും പുറത്തിന്റെ പുറത്തിരിക്കുന്ന ആകാശം ഉണ്ടായി ബ്രഹ്മം രണ്ടും ഒന്ന് തന്നെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത് ഘടത്തിന്റെ പുറത്തിരിക്കുന്ന ആകാശം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് കടത്തിന്റെ ഉള്ളി ഇരിക്കുന്നു അപ്പോൾ ആകാശം രണ്ടില്ല ഒന്നേ ബ്രഹ്മം ഒന്നേ ഉള്ളൂ അത് ഈ ശരീരമാകുന്ന ഉപാധിയുടെ ഉള്ളിയിരിക്കുന്നതായിട്ട് നമുക്ക് ഭ്രമം തോന്നുകയാണ് ഉള്ളും പുറത്തു ഒരുപോലെ ഇരിക്കുക പക്ഷെ ഈ ശരീരം ശരീരത്തെയും മറ്റും എന്തായിട്ട് സ്വീകരിക്കുന്നു ഉപാധിയായിട്ട് സ്വീകരിച്ചിട്ട് ഈ ഉപാധിയിലൂടെ ആത്മാവ് പരിമിതമായി എന്നും ധരിക്കുന്നു ഇപ്പൊ ജീവാത്മാവിനെ ഇത്തരത്തിൽ വിശദീകരിക്കുന്നതു കൊണ്ടാണ് ഇതിന്റെ ശരീരാദികളെയൊക്കെ അവച്ഛേദമായി സ്വീകരിക്കുന്നുകൊണ്ടാണ് ദാമതികാരന്റെ ഈ ചിന്ത മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് അവച്ഛേദവ ജീവാത്മാവ് പറയുന്നത് എന്താണ് ഘടാകാശം പോലെ എന്ന് പറയുന്നത് കൊണ്ടാണ് ഭവനികാലിന്റെ സിദ്ധാന്തത്തിന് എന്ത് പറയുന്നത് അവച്ഛേദവാദം വാദം എന്നിവ സിദ്ധാന്തം എന്നുള്ള അടക്കമുള്ളൂ തർക്കമെന്നുള്ള അങ്ങനെ വിശദീകരിക്കുന്നു എന്നാൽ ഇത് ഒരു കണ്ണാടിയുടെ പ്രതിബിംബം പോലെയാണ് ജീവൻ എന്ന് പറയുന്ന പ്രതിബിംബവാദം എന്ന് പറയുന്നത് ഇതാരുടെ വർഷമാണോ വിവരണകാരന്റെ വർഷം അവച്ഛേദവാദവും എന്താണ് പ്രതിബിംബവാദവും തമ്മിലുള്ള വ്യത്യാസം തരും ജീവൻ പ്രതിബിംബം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് അതിനെ ഭാവുമതികാരം അംഗീകരിക്കുന്നുണ്ട് ഭാവതികാരം പറയുന്നത് ഈ ജീവനെ വിശദീകരിക്കുന്നതിന് കൂടുതൽ എന്തുകൊണ്ട് ഈ കുട ഉടഞ്ഞു ജീവൻ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കുന്നു അതാണ് അവച്ഛേദവാദത്തിന്റെ ഒരു ഗുണം പിന്നെ ഈ ആകാശത്തിൽ എവിടെ വേണോ കുടം വിടെ കുടമുണ്ടോ അവിടേക്ക് എന്ത് വരും ജീവൻ വരും ജീവൻ ഇല്ല അങ്ങനെ അതിന്റെ ഒരു സൗകര്യം കുടത്തിനെന്ത് സംഭവിച്ചാലും ഘടാകാശത്തിന് ഒന്നും സംഭവിക്കുന്നില്ല പ്രതിബിംബവാതിൽ അങ്ങനെയല്ല കണ്ണാടി ഉടഞ്ഞുപോയ പ്രതിബിംബം പോയി ഭാഷ്യധാരൻ രണ്ടിനെയും പറയും രണ്ടുദാഹരണവും പറയും ഭാഷ രണ്ടിനെയും ഉദാഹരണമായിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഈ രണ്ടുദാഹരണങ്ങളെയും വെച്ചുകൊണ്ട് പിന്നെ രണ്ടായി തിരികയാണ് അബ്ദുൽ ഒന്ന് അവച്ഛേദവാദവും മറ്റൊന്ന് പ്രതിബിമ്പവാദവും അതിൽ പിന്നെ ഒരുപാട് ഓരോന്നിന്റെയും മേന്മയും ദോഷങ്ങളും ഒക്കെ പരസ്പരം എല്ലാത്തിനും മന്മയും ദോഷം കണ്ട് ഇത് യുക്തം ഉപ്പശ്യാമ ഇത് വളരെ യുക്തിയുക്തമായി ഞാൻ എന്നെ വിശദമാക്കി തരാം എന്നാണ് അത് തുടങ്ങിയതേയുള്ളൂ അപ്പോ എന്താണോ ഇതുവരെയുള്ളത് പക്ഷം പ്രധാനമായ രണ്ട് കാര്യം അതുകൂടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒന്നെന്താണോ ആത്മാവും അനാത്മാവ് ശരീരവും പരസ്പര ഭിന്നമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അഹം അനുഭവം എന്ന് പറയുന്നു അധ്യാസം അല്ല അതാണ് പൂർവർഷം അതിനെ നിഷേധിച്ചു പിന്നെ മറ്റൊന്ന് അഹം എന്ന് പറയുന്നതിന് എന്താണ് അത് ശരീരത്തിൽ അഹംശബ്ദം ഗുണമായി പ്രയോഗിക്കുന്നത് അതിനെയും നിഷേധിച്ചു ഇനി ഇവിടെ മറ്റൊരു വിഷയം ചർച്ച ചെയ്തു എന്നുവെച്ചാ അഹങ്കാരപ്രാമാണ്യായ ദേഹാധിപത് ആത്മാ അഭി പ്രാദേശിക ജീവിതം അഹങ്കാരത്തിന് അഹങ്കാരമെന്ന് വെച്ച അഹമനുഭവം അത് പ്രമേയാണ് ഒരു യഥാർത്ഥമായ അനുഭവമാണ് അപ്പൊ അതിന് യഥാർത്ഥ അനുഭവമായി നമ്മൾ അംഗീകരിക്കുമ്പോൾ അതിനെ യാഥാർത്ഥമായി അംഗീകരിക്കുന്നതിന് വേണ്ടി അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ദേഹാധിപത് ആത്മാഭിപ്രായ മാണ് അതുപോലെ ആത്മാവും പ്രാദേശികമാണെന്നൊക്കെ പരിച്ഛിന്നമാണ് ദേഹം പരിച്ഛിന്നമാണല്ലോ അപ്പോ ആത്മാവും ദേഹത്തോട് ബന്ധപ്പെട്ട് പരിച്ഛിന്നമായ ഒന്നാണ് ഇത് തന്നെ ചെയ്യും പിന്നെ പറയാൻ പാടില്ല കാരണം നേരത്തെ പറഞ്ഞ എന്താണോ ആത്മാവിൽ അഹം എന്നുള്ള ഈ അനുഭവത്തിലൂടെയും അഹോ എന്നുള്ള പ്രയോഗത്തിലൂടെയും നമുക്കൊരു പ്രാദേശികമായ പരിച്ഛിന്നമായ അനുഭവമാണ് ഉണ്ടാകുന്നു അതിന് കാരണം പറഞ്ഞു അതിന് കാരണം അധ്യാസം കൊണ്ടാണ് ശരീരം പ്രാദേശികമാണെന്നു ജ്ഞാൻ പ്രാദേശികം എന്ന് പറയുന്നു അധ്യാസം കൊണ്ടാണ് അധ്യാസത്തെ അംഗീകരിക്കാത്തയാള് പറയാണ് അഹോ എന്ന് പറയുന്ന അനുഭവം പ്രമേയാണ് പ്രാമാണ്യായ കാർത്ഥ്യ ചതുർത്ഥിയാണ് അതിന്റെ പ്രാമാണ്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ദേഹം അങ്ങനെയാണോ പ്രാദേശികമായിരിക്കുന്നത് പരിച്ഛിന്നമായിരിക്കുന്നത് അതുപോലെ ആത്മാവിപ്രാദേശിക ആത്മാവ് പരിച്ഛിന്നമാണോ എന്ന് പറയാനും പാടില്ല ഇനി ആത്മാവിനെ പരിച്ഛിന്നമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ കഥാ ഖരു ഭയം അണു പരിമാണോവാഹപരിമാണോവാ അവിടെ രണ്ടുപക്ഷം ചോദിക്കുകയാണ് ആത്മാവ് ശരീരം പോലെ പരിച്ഛന്നാണെന്ന് പറഞ്ഞാൽ ആത്മാവ് അണുവാണോ അണു പരിമാണോ അണു ആണോ അതിന്റെ അളവ് പരിമാണം അതണുവാണോ എന്നാണ് അണുവിനെ പോലെയാണോ എന്നാണ് ചോദിക്കുന്നത് അത് അണുവാണോ എന്നാണ് ആത്മാവിനൊരു പ്രാദേശികം പരിച്ഛിന്നമാണെങ്കിൽ അങ്ങനൊരു അണു അളവ് അളവ് വേണോന്ന് അളവ് എന്താണെന്നാണ് ചോദിക്കുന്നത് അത് അണുവാണോ അണു എന്ന് പറയുന്ന പരിമാണമാണ് ഒരളവാണ് അതിന്റെ സൈസ് എന്താണ് അങ്ങനെ ആത്മാവിന്റെ സൈസ് എന്ത് അണുവാണോ ാണ് തഥാകലം അണുപരുമാ അണു എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവ് അണുവാണോ അത് ശരീരത്തിന്റെ ഉള്ളിയില്ല അങ്ങനെ പറയാ അണുപരിമാണോവാ സ്യാദ്ദേഹപരിമാണോവാ അതോ അതിന്റെ സൈസ് ശരീരത്തിന്റെ സൈസാണ് ദേഹപരിമാണോ എന്ന് പറഞ്ഞാൽ മധ്യമ പെരുമാണമെന്ന് പറയും മധ്യമാണു എന്നിട്ട് ശരീരത്തിന്റെ അളവിലാണോ ആത്മാവ് അണുപരിമാണോ വാ സേഹപരിമാണോ വാ അണുപരിമാണത്വ ആദ്യത്തെ പക്ഷം എടുക്കുകയാണ് ണു പരിമാണെന്ന് പറയുന്നൊരാശയം വരാൻ കാരണം യേശോ അണുരാത്മാ ചെയ്തേദി തന്നെ ശ്രുതിന് മറ്റും പറയുന്നുണ്ട് ആത്മാവണു അതുകൊണ്ട് അങ്ങനെ പറയുന്നതുകൊണ്ട് യേശോ അണുരാം ആത്മാ ബാലാഗ്ര ശതഭാഗസ് ശതാ കിത എന്നൊക്കെ പറയുന്നുണ്ട് അത് ഒരു മുടിയുടെ തുമ്പ് പോലെ അത്രയും സൂക്ഷ്മമാണ് അണു ആണ് എന്ന് പറയുന്നത് യേശോ അണുരാത്മാന്ന് വ്യക്തമായും പറയുന്നത് ഇങ്ങനെയൊക്കെ ശ്രുതിയിൽ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൂർവക്ഷം കൊണ്ടുപോകുന്നത് അണുവാണോ മധ്യമപരിമാണോ ശരീരത്തിന്റെ സൈസാണ് ആത്മാന്ന് പറയുന്നത് അവരുടെ വർഷം ശരീരത്തിന്റെ സൈസ് ആണ് എന്നിട്ട് ഏത് ശരീരത്തിലാണോ ആത്മാവ് പ്രവേശിക്കുന്ന ആ ശരീരത്തിന്റെ സൈസ് ഉറുമ്പിന്റെ ശരീരത്തിൽ ആത്മാവ് പ്രവേശിച്ചു ആത്മാവ് ഉറുമ്പിന്റെ സൈസ് ആണ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തും ആത്മാവ് ആ സൈസ് എന്തുകൊണ്ട് ആത്മാവ് സങ്കോചവികാസീലുള്ളതാണ് അതിനെ സങ്കോചിക്കാനും വികസിക്കാനും ഇതൊക്കെ ദൈനന്മാർ പറയുന്നു അതിനൊന്നും കൂടെ അംഗീകരിക്കുന്നില്ല അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കൂടെ ചോദിക്കുകയാണ് അടുത്തൊരു വിഷയം കൊണ്ടുവരികയാണ് അണുവാണു ദേവപരിമാണോ അണുപരിമാണിത്തെ പക്ഷോ അണുപരിമാണമെന്ന് എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ആത്മാവിന്റെ സൈസ് അണുവാണെന്ന് പറഞ്ഞാൽ അണുവാണെങ്കിൽ അഹത്തിന്റെ ആശ്രയം എന്താണ് ആത്മാവാണ് അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അപ്പം അഹം അണു എന്നേ പറയാൻ പറ്റുമോ അഹം സ്ഥൂല എന്ന് പറയാൻ പറ്റില്ല അണുവിന്റെ നേരെ വിപരീ തോന്നും അതുപോലെ തന്നെ അഹം ദീർഘ ഞാൻ പൊക്കമുള്ളവനാണ് അത് പറയാൻ പറ്റുമോ ഞാൻ തടിച്ചവനാണ് പൊക്കമുള്ളവനാണെന്നും പറയാൻ പറ്റില്ല എന്നുണ്ട് അഹത്തിന്റെ മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് സൂക്ഷ്മെന്നേ പറയാൻ നമ്മുടെ അനുഭവത്തിൽ എന്താണ് സ്ഥൂലോഹം ദീർഘ എന്നൊക്കെയാണ് അതുകൊണ്ട് അണു പെരുമാണമായിട്ട് അണുവിന്റെ സീസൺ സ്വീകരിക്കാൻ പറ്റില്ല ഇതിൽ നസ്യ പിന്നെ സാധാരണ ആൾക്കാരെ പറയും ആത്മാവ് പറഞ്ഞാൽ എന്റെ അർത്ഥം വളരെ സൂക്ഷ്മമാണ് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പ്രയാസമാണെന്നാണ് ശ്രുതിലും മറ്റും പറഞ്ഞിരിക്കുന്നത് ദുർഗ്രാഹ്യം എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അണുവിന്റെ സൈസിലെന്നല്ല ഇനി മദ്യമപരിമാണം അതിനെ കുറിച്ച് പറയണം ദേഹപരിമാണത്വ സഅ അവ ശരീരത്തിന്റെ അളവാണ് ആത്മാവെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യും ഇത് കുറുമ്പിന്റെ ശരീരത്തിൽ കയറുമ്പോൾ അത് സങ്കോചിക്കും ആനയുടെ ശരീരത്തിൽ വരുമ്പോൾ വികസിക്കും അപ്പം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യണമെങ്കിൽ അതിന അവയവങ്ങൾ ഈ സങ്കോചവികാസങ്ങളെ സംഭവിക്കുന്ന ഇവിടെ അതിൻ്റെ അവയവങ്ങളാണ് വസ്ത്രത്തെ പോലെ അതിനെ മടക്കി വയ്ക്കാനും പറ്റും നിവർത്താനും പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അനിത്യമായി പൂന്ത അവയമുള്ള എന്താവും അനിത്യം അപ്പൊ ആത്മാവ് അനിത്യമായാലും മോക്ഷം കിട്ടാത്തത് ഇപ്പോഴും ഏത് സമയവും ശരീരം നശിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും മോക്ഷം കിട്ടും അപ്പൊ മോക്ഷവാദികളാണ് ഈ പറയുന്നതെല്ലാം അവരെല്ലാവരും മോക്ഷത്തെ പറയുന്നവരാണ് ജൈനന്മാരായാലിച്ച് അവർ പറയുന്ന എന്താണ് ഈ ഭൗതിക ആകാശത്തിന് മേളിൽ ഒരകാശമുണ്ട് ൗതികണ്ടത്മാവ് ഇവിടെ കഠിനമായ തപസ്സുകളൊക്കെ ചെയ്ത് ശുദ്ധന്മാരായി നേരെ ആ ലോകത്തിലേക്ക് പോകുന്നതാണ് ഊർധ്വാമിയായി മേലോട്ട് പോയി അവിടെ പോയി കഴിയുന്നതാണ് അതാണ് മുക്തി അവര് പറയുന്നത് അവർക്ക് മുക്തി വേണമെങ്കിൽ എന്തുവാണ് ആത്മാവ് നിത്യമായിരുന്നാലേ പറ്റൂ ദേഹാദി പരിമാണത്വം ദേഹാദി സൈസാണ് ദേഹത്തിന്റെ സൈസാണ് ദേഹപരിമാണത്വം അവയവങ്ങളോടക അനിത്യസ ദേഹത്തെ പോലെ തന്നെ ഇതുവെന്തായുഭവം ഇനി ഈ പക്ഷത്തിൽ പല സാധാരണ പല ചർച്ച ചെയ്യുന്നതാണ് ഭാഷികകാരനും ചർച്ച ചെയ്യും ആത്മാവിന്റെ സൈസിനെ കുറിച്ച് അണുവാണോ മദ്യമ വരുമാണോ അതോ ഇപ്പോ ിഭൂന്നുള്ളതാണ് അംഗീകരിക്കുന്നത് ഇതൊന്നും അംഗീകരിക്കത്തില്ല കിഞ്ചാസ്മിൻ പക്ഷേ അവയോ സമുദായോ വാ ചെയ്തേ അവയവാഹ ഇവിടെ ഒരു ചോദ്യം ചോദിക്കണം ശരീരത്തിന്റെ സൈസാണ് ആത്മാവിനെ പറയുന്നു അതിനവയം ഉണ്ടല്ലോ അപ്പോ എന്താണ് ഈ അവയവങ്ങളെല്ലാം കൂടി ചേർന്ന ആ സമുദായത്തിൽ ഉദാഹരണം ശരീരം പോലെ ശരീര അവയവങ്ങൾ കൂടി ചേർന്ന ഒരു സമുദായമാണ് അതിലാണോ ചൈതന്യം അതേ ഓരോരോ അവയവത്തിലും പ്രത്യേകം പ്രത്യേകം ചെയ്തന്നെയ് ഓരോരോ തലയിലൊരു ചൈതന്യം കാലിൻ്റെ ഒരു ചൈതന്യം കൈയിൽ ഒരു ചൈതന്യം അങ്ങനെയാണോ അതോ ഇതെല്ലാം ചേർന്നിട്ട് അതിലൊരു ചൈതന്യം ഇരിക്കുകയാണ് അതോ പല ചൈതന്യമാണോ ഇതാണ് ചോദിക്കുന്നത് അസ്മിൻ പക്ഷേ ഈ പക്ഷത്തിൽ ഏതു പക്ഷത്തിൽ മധ്യമ പരിമാണമെന്ന് പറയുന്ന പക്ഷത്തിൽ അവയവ സമുദായോ അവയവ സമുദായമാണോ ചൈതന്യവത്തായിരിക്കുന്നത് ചേതയേതെന്ന് വെച്ചാൽ ചൈതന്യവത്തായിരിക്കും ചൈതന്യം ഉള്ളതായിരിക്കും വാ അവയവ പ്രത്യേകം ഓരോ അവയവത്തിനും പ്രത്യേകം പ്രത്യേകമാണോ എന്നാണ് ചോദിച്ചത് ഈ രണ്ടുപക്ഷ സ്വീകരിക്കാനും ദോഷമാണ് ഏതൊക്കെ രണ്ടു വർഷം ഏതൊക്കെ പക്ഷമാണ് അതാണോ പക്ഷം എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടുപക്ഷത്തിനും ദോഷമുണ്ട് ഏതൊക്കെ പക്ഷം പ്രതി എന്താ പറയുന്നത് കേൾക്കുന്ന എന്തോന്നുറങ്ങാണോ ഇപ്പൊ പറഞ്ഞത് അവയവ സമുദായത്തിലാണോ ചൈതന്യം അതോ ഓരോ അവയവങ്ങളിലും പ്രത്യേകം ചൈതന്യമാണോ ഈ രണ്ടുപക്ഷത്തില് ഈ കസേരയിൽ ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം കസേരയിൽ ഒരു ചൈതന്യം ഇരിക്കുകയാണോ അതോ എന്റെ കാലിലൊരു ചൈതന്യം അതിന്റെ കയ്യിലൊരു ചൈതന്യം ഇരിക്കുന്ന പലകയിലൊരു ചൈതന്യം അങ്ങനെയാണോ ഇതാണ് ഇതാണ് രണ്ടുപക്ഷം ഏതെന്നാ ചോദിക്കുന്നു ആരോട് ചോദിക്കുന്നു ഭൂർവക്ഷിയുടെ അഭിപ്രായങ്ങളാണ് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണ് അതാണ് അസ്മിൻ പക്ഷേ ഈ പക്ഷത്തിൽ ഏതു പക്ഷത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞതേയുള്ളൂ അസ്മിൻ പക്ഷേ ഞാൻ അല്പം മുമ്പ് പറഞ്ഞതേയുള്ളൂ മധ്യമ പരിമാണെന്നുള്ള പക്ഷത്തിൽ എന്ന് വെച്ചാൽ ആത്മാവിന്റെ സൈസ് ശരീരത്തിന്റെ സൈസാണെന്ന് പറയുന്ന പക്ഷത്തിൽ അവയോ സമുദായോ വേതയെ പ്രത്യേകം വ അവയവ അവയോ സമുദായത്തിലാണോ ചൈതന്യം ഇരിക്കുന്ന അതോ ഓരോ അവയവങ്ങളിൽ വേറിട്ട് വേറിട്ടാണോ വെവ്വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ വെവ്വേറെ ഇനി ആദ്യം രണ്ടാമത്തെ പക്ഷം പറയുന്നു പ്രത്യേകം ചേതിനത്തുപക്ഷേ ാം ചേതനാനം സ്വതന്ത്രാണാം ഏകവാക്യത അഭാവ അപര്യാം വിരുദ്ധ ധിക്രിയതയാക്രിയതയാ ശരീരം ഉന്മദ്ധ്യേത അക്രീം വ പ്രസജ്യേത നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും പ്രത്യേകം പ്രത്യേകം ഓരോ ചൈതന്യങ്ങൾ കയറിയിരുന്നാൽ എന്ത് സംഭവിക്കും വനത്തെക്കാരില് ഒരു ചൈതന്യം ഒരാത്മാവ് ചൈതന്യച്ച ആത്മാവ് ഇടത്തെക്കാല് വേറൊരു ആത്മാവ് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഏ വനത്തെക്കാല് കിഴക്കോട്ട് പോകുമ്പം ഇടത്തേക്കാൽ ഇങ്ങോട്ട് പോവും കാരണം ഓരോ ആത്മാവും സ്വതന്ത്രമാണ് അവന് ചിന്തിക്കുന്ന പോലെ പ്രവർത്തിക്കാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ീരത്തിന്ന് പറഞ്ഞു അതിന് സംഭവിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും രണ്ടുപേരും ബലാബലം പിടിച്ചിട്ട് വടം വലി പോലെ എനിക്കും ഇങ്ങനെ കിഴക്കോട്ടും പോകാൻ പറ്റില്ല രണ്ടുപേർക്കും തുല്യ ബലമാണെങ്കിൽ എന്തു ചെയ്യും ഇങ്ങനെ പിടിച്ചിരിക്കും കാരണം വലത്തേക്കാലിലൊരു ചെയ്തു തന്നെ ഇടത്തേക്കാലിലൊരു ചെയ്ത് ഇവര് ഒരാൾ പറയുന്നു വലത്തോട്ട് പോണോ വേറെ ആൾ പറയുന്നു ടത്തോട്ട് രണ്ടുപേർക്കും തുല്യ ബലം അപ്പൊ എന്ത് ചെയ്യും മടം പോലെ പിടിച്ചു ശരീരത്തിന് അനങ്ങാൻ പറ്റും അനങ്ങാൻ പറ്റത്തില്ല ഇനി ബലം പ്രയോഗിച്ച് കൂടുതൽ ബലം പ്രയോഗിച്ചാൽ എന്തെയ്യും മടം രണ്ടുപേര് രണ്ടുപേര് ബലമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും രണ്ടു സ്ഥലത്തും തുല്യമായി ബലം പിടിച്ചോണ്ടിരുന്ന കുറച്ചഴിവ് മടം പൊട്ടിപ്പോകും മടം പൊട്ടും ഇങ്ങനെയൊക്കെ തന്നെ ശരീരം സംഭവിക്കാം ഒന്നുകിൽ ശരീരം നശിച്ചു ഇത് കാലിന് മാത്രമല്ല എല്ലായിടത്തും വേറെ വേറെ അവയവങ്ങളിലിരിക്കുകയാണ് കണ്ണിലൊരു ചൈതന്യം ഒരു കണ്ണിലൊരു ചൈതന്യം വേറെ കണ്ണില് വേറൊരു ചൈതന്യച്ച ഒരാത്മാവ് അപ്പോ മരത്തെ കണ്ണിലിരിക്കുന്ന ആത്മാവ് പറയുന്നു ആ പൂവിന് നോക്കുന്നു അപ്പോൾ ഇടത്തെ കണ്ണിലിരിക്കുന്ന ആത്മാവിന്റെയും മരത്തിൽ നോക്കും ആകെ പ്രശ്നമാകും കാണും പ്രത്യേകം ചേതനത്തു പക്ഷേ ഓരോന്നിനും ഓരോ അവയവങ്ങളിലും പ്രത്യേകം ചേതനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുനാം ചേതനാനാം അപ്പോൾ ഒരു ശരീരത്തിനെന്തൊരു ബഹുചേതനങ്ങൾ ഒരുപാട് ചേതനങ്ങൾ വരുന്നതുകൊണ്ട് ചേതനാത്മാവ് വരുന്നതുകൊണ്ട് സ്വതന്ത്രണം ബഹൂനാം സ്വതന്ത്രണംേതനാനാം സ്വതന്ത്രങ്ങളായ പല ആത്മാക്കൾക്ക് ഏകവാക്യത അഭാവ എല്ലാ സ്വതന്ത്രമാകുമ്പോൾ അതിന് ഏകവാക്യത വരത്തില്ല ഏകവാക്യതെന്നു വച്ചാൽ ഗുണപ്രധാന ഭാവം ഒന്ന് പ്രധാനമാണ് മറ്റൊന്ന് അപ്രധാനമാണ് എന്നൊരവസ്ഥ വരത്തില്ല എന്തുകൊണ്ട് എല്ലാ ആത്മാക്കളാണ് എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് എന്നുവെച്ചാൽ ഒരാൾ പറയുന്നത് മറ്റൊരാള് കേൾക്കുക അത് വരത്തില്ല ഒരു ആത്മാവേണേ നമുക്ക് വലത്തോട്ട് പോകാം മറ്റേ എന്നാ പിന്നെ അങ്ങോട്ട് പോകാൻ മറ്റേ പറയത്തില്ല എന്നുകൊണ്ട് ഓരോ ആത്മാവും സ്വതന്ത്രമാണ് ബഹുനാം ചേതനാനാം സ്വതന്ത്രണം സ്വന്ത്രണം എന്താണ് ഏകവാക്യത അഭാവ ഗൌണ മുഖ്യതാണ് ഏകവാക്യത ഗൗണം മുഖ്യം അപ്രധാനം പ്രധാനം എന്നൊരവസ്ഥ വരാത്തുകൊണ്ട് അപര്യായം ക്രമമില്ലാതെ ക്രമം വരുന്നില്ല ക്രമം ഇല്ലാതെ എന്ന് പറയുന്നത് എന്താണോ വരതേക്കാല് പറയുന്നു വരത്തോട്ട് പോകുന്നു ഇടത്തേക്കാല് പറയുന്നു ഇടത്തോട്ട് പോകുന്നു അപ്പോൾ അവരവരുടെ ഒരു ക്രമം വയ്ക്കുകയാണ് എന്താണ് ശരി എന്നാൽ ആദ്യം മരത്തോട്ട് പോകാം പിന്നെ നമുക്ക് ഇടത്തോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ക്രമമായി ഇതവിടെ ക്രമവും ഇല്ല രണ്ടുപേരും എന്താ പറയുന്നത് സ്വതന്ത്രനാണ് ക്രമം ഇല്ലെങ്കിൽ എന്ത് വരും ഒരാൾ വരത്തോട്ടും പോകും ഒരാളുടെ അടുത്തോട്ടും പോകും അതാണ് അപര്യാവെന്ന് വെച്ചാൽ ക്രമമില്ലാതെ വിരുദ്ധ ദിക്ക് ക്രിയതയാ വിരുദ്ധ ദുക്കുകളിൽ ക്രിയുണ്ടാകും ഇവിടെ ഓരോ അവയവങ്ങളിലും വിരുദ്ധമായ ദിക്കുകളിലേക്ക് ക്രിയുണ്ടാവും വെച്ചാൽ ഒരാളുടെ ഇടത്തോട്ട് പോവും വേറൊരാള് മലത്തോട്ടും പോവും ശരീരം ഉന്മത്തിയതാണ് ശരീരം എന്തു ചെയ്യും പിളർന്നു പോവും ശരീരം പിളർന്നു കാരണം ആത്മാവ് പറയുന്ന ശരീരമനുസരിച്ചേ പറ്റൂ ആത്മാവ് പറയുന്ന ശരീരമനുസരിച്ച് ശരീരം എന്തെയും വളർന്നു അക്രീംമാ പ്രസജീത അല്ലെങ്കിൽ എന്തെയും ക്രിയ ഇല്ലാതെ രണ്ടും ബലാബലത്തിൽ പിടിച്ചേക്കും പടം പിടിച്ചേക്കുമ്പോൾ ആരും ജയിക്കത്തുമില്ല തോക്കത്തുമില്ല സമുദായ വികസ് അവയേ ചിതാമേത ചിതാത്മനോപ്പി അവയവോ വൃക്ണേത ഇനി പറയുന്നു അങ്ങനെയല്ല ഈ ശരീരത്തിലെല്ലാം കൂടെ ഓരോ ആത്മാവ് ഇരിക്കയാണ് മറ്റേ ആത്മാവ് സമുദായത്തിനാണ് ഓരോ വേഗത്തിനല്ല എല്ലാത്തിനും കൂടെ ചേർന്ന് സമുദായത്തിന് അതായത് ഇപ്പോൾ കസേരയിലാണ് ആത്മാവ് വരാണെങ്കിൽ അതിന്റെ കയ്യിലും കാലിലും എല്ലാം കൂടെ ചേർന്ന് ഒരാത്മാവ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഈ കസേരയുടെ ഒരു കാലങ്ങ് പോയി അല്ല എല്ലാ കാലിലും കൂടെ ചേർന്നിട്ടാണ് ഒരാത്മാവ് ഒരു താർ പോയാൽ എന്തു ചെയ്യും ആത്മാവിനു ദോഷം സംഭവിച്ച ആത്മാവ് ദോഷം സമുദായ സ്ഥലമൊക്കെ സമുദായത്തിൽ ചൈതന്യം ആത്മാവ് ഇരിക്കുന്നു വന്നുകഴിഞ്ഞാൽ അവയവേ ഒരവയവും ഛേദിക്കപ്പെട്ട ശരീരത്തിന്റെ കഥ എടുക്കുകയാണെങ്കിൽ ശരീരത്തിൽ മൊത്തം എന്തായാലും കൂടെ ഓരോ ആത്മാവിരിക്കണം ഒരു കൈ മുടിച്ചോളഞ്ഞാ എന്ത് വരും മൊത്തത്തിലല്ലേ ആത്മാവിരിക്കൂ മൊത്തത്തിലേ അത് ഇരിക്കൂ മൊത്തത്തിലിരിക്കുന്നു എന്നില്ല മൊത്തത്തിലേ ഇരിക്കും ഒരു ഭാഗം അങ്ങ് പോയി കഴിഞ്ഞാൽ ആത്മാവിരിക്കത്തില്ല കാരണം അത് മൊത്തത്തിലേ ഇരിക്കും ഓരോരോ അവയവങ്ങളായിട്ട് അതിന് ഇരിക്കാൻ പറ്റില്ല പിന്നെ എന്തുവേണോ അതിന് ഇരിക്കണമെങ്കിൽ മൊത്ത ശരീരം വേണം ഒരവയവം കൈ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കൈയില്ലാത്തയാളുണ്ട് ആത്മാവ് കാണത്തില്ല കാലില്ലാത്തവന് ആത്മാവ് കാണത്തില്ല ചെവിയില്ലാത്തവന് ആത്മാവ് കാണത്തില്ല വൃഗ്ന ചരിച്ചാ എന്തിന്റെ രൂപമാണ് വൃഗ്ന എന്തിന്റെ രൂപമാണ് െന്ന് പറയുന്ന ഭാഗമാണ് നിഷ്ഠാവുന്നഷ്ഠാവ നിഷ്ഠാന്നുള്ള സൂത്രമാണ് നിഷ്ഠാ താമൃ ഊകാരം ഇത്ത ഊതിത്തോവാ പ്രകാരം എന്തൊരു നിഷ്ഠയിൽ ഇട്ട് വരാത്ത ഒരു പക്ഷം വരും അപ്പൊ ഇട്ടു വരത്തില്ല താന്ന് പറയുന്നത് കിത്തായുണ്ട് സംപ്രസാരണം വരും ഏതാണ് സൂത്രം ഗ്രഹിച്ച വൈവിധ്യത് ബ്രിജലീന വധിച്ച സംപ്രസാരണം വന്ന് സംപ്രസാരണാശുപൂർവം വന്ന് ബ്രി വന്നു താന്നിരിക്കുമ്പോ കുത്തുമ്പോൾ നത്തം വന്നുകഴിഞ്ഞാൽ പൂർവ്വത്തിരിക്കുന്ന സകാരത്തിന് മിത്താവായ സകാരങ്ങൾ എന്തുവരും നകാരങ്ങള് ഓ വൃക് നുപ്പാൻ വായും ം പഠിച്ചിട്ടുള്ളതാണ് പഠിക്കാത്ത ഒരു സൂത്രമാണ് എന്താ പറയുന്നത് ഏകസ്മിൻ അവയവേ ഒരു അവയവം ഛേദിച്ചാൽ ചിതാത്മനോപ്യവയോ എല്ലാത്തിനും കൂടെയാണ് ഇരിക്കുന്നത് അപ്പൊ ചിതാത്മാവിന്റെ അവയവവും എന്തായവും ഛേദിക്കപ്പെടും ഇത് ഇന്ന ചേതയും പിന്നെ അത് ശരീരത്തിൽ പിന്നെ ചൈതന്യം ഉണ്ടാകത്തില്ല ആത്മാവും പോയി ആത്മാവും കുറഞ്ഞു പോയി എന്ന അതാണ് ആ ദോഷം അതുകൊണ്ട് എന്താണ് ഇവിടെ രണ്ടാമത്തെ പക്ഷം ഒന്നെന്താണ് ഓരോ അവയവത്തിലും പ്രത്യേകം പ്രത്യേകം ആത്മാവിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ദോഷം വരും എന്താണ് ഒന്ന് ശരീരം കീറിപ്പോ അല്ലെങ്കിൽ നിശ്ചലമാവും അല്ല സമുദായത്തിൽ മൊത്ത ശരീരത്തിൽ ഒരു ആത്മാവി ഇരിക്കുന്നു പറഞ്ഞാൽ ഓരോ അവയവത്തിലും ഇരിക്കണം സമുദായത്തിൽ ഇരിക്കുമ്പോൾ അപ്പോൾ ഒരവയും മുറിഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും ആത്മാവിനും ഉള്ളത് സംഭവിക്കും എന്തോ ആത്മാവ് നശിച്ചു മുറി സംഭവിച്ചാൽ നശിച്ചു അതുകൊണ്ട് മധ്യമപരിമാണം ആത്മാവ് ശരീരത്തിന്റെ അളവാണ് എന്നെടുക്കാൻ പറ്റില്ല അണുപരിമാണമെന്നുള്ളതെടുക്കാനും പറ്റില്ല അതിന് എന്തുകൊണ്ടെന്ന് ഞാൻ കേൾക്കാം